ഇമ്രാന്റെ മകൾ മറിയത്തെയും അള്ളാഹു ഉദാഹരണമാക്കി അവൾ തൻറെ ഗുഹ്യഭാഗം പരിശുദ്ധമായി സൂക്ഷിച്ചു അതിനാൽ നമ്മുടെ ആത്മാവിൽ നിന്ന് അവളിലേക്ക് നാം ഊതി അവൾ തൻറെ രക്ഷിതാവിന്റെ വചനങ്ങളെയും ഗ്രന്ഥങ്ങളെയും സത്യമായി അംഗീകരിച്ചു അവൾ അനുസരണയുള്ളവരിൽ പെട്ടവളുമായിരുന്നു